യാക്കൂബ് അലഹിസ്സലാമിന് മരണമെടുത്ത് അദ്ദേഹം തന്റെ പുത്രന്മാരോട് എനിക്ക് ശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക എന്ന് ചോദിച്ച സന്ദർഭത്തിൽ നിങ്ങൾ സാക്ഷികളായിരുന്നു അവർ പറഞ്ഞു നിന്റെയും നിന്റെ പിതാക്കന്മാരായ ഇബ്രാഹിം അലഹിസ്ലാമിന്റെയും ഇസ്മായിൽ അലഹിസ്സലാമിന്റെയും ഇസ്ഹാഖ് അലഹിസ്സലാമിന്റെയും ഏകദൈവത്തെയാണ് ഞങ്ങൾ ആരാധിക്കുക ഞങ്ങൾ അവന് കീഴടങ്ങുന്ന മുസ്ലിംകളുമാണ്